നമുക്ക് എന്തായാലും അണുപെരുമാണോ വാ സിയാ ദേഹപരുമാണോ ആത്മാവിൻ്റെ അളവ് സൈസ് അണുവാണോ അതോ ദേഹത്തിൻ്റെ സൈസാണോ ആത്മാവ് അണുപെരുമാണത്തെ സ്ഥൂലഹം ദീകരിച്ച നസ്യാ ആത്മാവ് അണുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഞാൻ തടിച്ചവനാണ് എനിക്ക് നീളമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അണു തടിച്ചതല്ല നീളമുള്ളതല്ല അപ്പോൾ ഒരാൾക്ക് ഞാൻ അണുവാണെന്നേ പറയാൻ പറ്റുള്ളൂ ദേഹ നിർമ്മാണത്തിൽ തൊസവത്ര ദേഹത്തു പ്രസംഗം പിന്നെ ആത്മാവിൻ്റെ അളവ് അത് ശരീരം പോലെയാണ് ശരീരത്തിൻ്റെ അളവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ശരീരം അവയവങ്ങളോടുകൂടിയതാണ് അവയവങ്ങളോടുകൂടിയത് നശിച്ചു പോവും കാരണം അവയവങ്ങൾ ശീരമായി അത് നശിച്ചു പോവും അപ്പോൾ ആത്മാവ് ശരീരത്തിൻ്റെ കഴിഞ്ഞാൽ അത് കിഞ്ചാസ്മിൻ പക്ഷെ അവയവ സമുദായ ചേതയെ പ്രത്യേകം അവയവ ഇനി പറയുന്നു ആത്മാവിൻ്റെ സൈസ് ശരീരം ശരീരത്തിൻ്റെ സൈസാണ് ഒരാളുടെ ആത്മാവെന്ന് പറയുന്നത് അയാളുടെ ശരീരത്തിലെ സൈസിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൈതന്യം ആത്മാവെന്ന് പറയുന്നത് ചൈതന്യമാണ് ആ ചൈതന്യം ഈ ആത്മാവിൻ്റെ മുഴുവൻ അവയവിലാണോ ഇരിക്കുന്നത് അതോ ഓരോ അവയവങ്ങളിലും പ്രത്യേകം പ്രത്യേകം ചൈതന്യമാണോ ഇരിക്കുന്നത് അവയവ സമുദായോ വേതയേ അവയവസമുദായമാണോ ആത്മാവിനാണോ ചൈതന്യം അതോ പ്രത്യേകം അവയവ ഓരോ അവയവത്തിലും പ്രത്യേകം പ്രത്യേകം ചൈതന്യമാണോ പ്രത്യേകം ചേതനത്തുപക്ഷേ ബഹൂനാം ചേതന സ്വതന്ത്രാണോ ഏകവാക്യത അഭവ അപരിയായ വിരുദ്ധിക്രിയതയ ശരീരം ഉന്മദ്ധ്യേത പ്രത്യേകം ചേതനത്വ പക്ഷേ ഓരോ അവയവങ്ങൾക്കും ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുനാൻ ചേതനാനാം സ്വതന്ത്രമാണ അതായത് ശരീര സൈ ശരീരത്തിൻ്റെ സൈസാണ് ആത്മാവിന്റെ സൈസ് പതിലവയവങ്ങളുണ്ട് ഓരോ അവയവങ്ങൾക്കും ചൈതന്യുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ അവയവങ്ങളും സ്വതന്ത്രമായിരിക്കും ബഹുനാം ചൈതനാനം സ്വതന്ത്രമാണോ ഏകവാക്യതാഭാവ അതിൽ ഏതാണ് മുഖ്യം ഏതാണ് മുഖ്യമല്ലാത്തത് എന്ന് തീരുമാനിക്കാൻ കഴിയത്തില്ല കാരണം എല്ലാ അവയവങ്ങളിലും എല്ലാം തുല്യമാണ് ഏതാണ് മുഖ്യത് മുഖ്യമല്ല ഏകവാക്യത ഗുണമുഖ്യഭാവം അത് തീരുമാനിക്കഴിയുണ്ട് അപര്യായം വിരുദ്ധതിക്രിയതയാണ് ഇപ്പോൾ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വേറെ വേറെ ചൈതന്യമാണെങ്കിൽ ഇപ്പോൾ അത് ചൈതന്യുണ്ട് ഇടത്തേക്കാലിലും ചൈതന്യമുണ്ട് ഇപ്പോൾ വലത്തേക്കാല് ചൈന മുമ്പോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഇടത്തേക്കാൾ പിറകിലോട്ട് പോകണമെന്ന് പറയും ഇതാണ് വിരുദ്ധതിക്രിയതാണ് വിരുദ്ധ ദുഃഖുകളിലേക്ക് അവയവങ്ങളുടെ ക്രിയുണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോരം ശരീരം ഉന്നത്തിയതാണ് ശരീരം പൊട്ടി തകർന്നു പോകും ഒരു കൈ വലത്തോട്ട് പോകുമ്പോൾ വേറെ ഇടത്തോട്ട് പോകുമ്പോൾ ഒരു കാലത്ത് വലത്തോട്ട് പോകുമ്പോൾ വേറെ ഇടത്തോട്ട് പോകും അങ്ങനെ വിരുദ്ധ അതിക്രിയ ഉണ്ടാകും വിരുദ്ധ ദുഃഖങ്ങളിലേക്ക് അവയവങ്ങൾ ക്രിയുണ്ടായാൽ അത് പിളർന്ന് നശിച്ചു അക്രിയ മാ പ്രസജ്ജീ അല്ലെങ്കിൽ എന്ത് ചെയ്തു പരസ്പരം ബലം പിടിച്ച് നിൽക്കും ക്രിയ സംഭവിക്കാതെ പോകും രണ്ട് അവയവങ്ങൾക്ക് തുല്യ ബലമാണ് വരത്തേക്കാൾ വലത്തോട്ട് പോകുന്നു ഇടത്തേക്കാലം ഇടത്തോട്ട് തുല്യ ബലത്ത് നിൽക്കുന്ന ചലിക്കാൻ പറ്റത്തില്ല പടം പിടിച്ചതുപോലെ നിൽക്കും അതുകൊണ്ട് ശരീരത്തിൻ്റെ സൈസാണ് ആത്മാവ് ആ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും പ്രത്യേകം പ്രത്യേകം ചൈതന്യമാണ് എല്ലാം പറയുന്ന ബുദ്ധിമാണെന്നർത്ഥം സമുദായ സ്ഥിതി ചൈതന്യമൊക്കെ ഏകസ്മിൻ അവയവേ ചിതാത്മനോ അവയവോ ബിർക്ക് ഇതിന് ഇനി പറയുന്നു സമുദായ സ്ഥിതി ചൈതന്യമൊക്കെ ആത്മാവെന്ന് പറയുന്ന ശരീരത്തിൻ്റെ സീസാണ് അപ്പോൾ ഈ മൊത്തം ആത്മാവ് എന്ന് പറയുന്ന സമുദായത്തിലാണ് ചൈതന്യമെങ്കിൽ എന്ത് സംഭവിക്കും ഏതെങ്കിലും അവയവം ഛേദിച്ചു ചെവിയോ മൂക്കോ കാലോ കയ്യോ ഏതെങ്കിലും ഒരു ഭാഗം മുറിഞ്ഞു പോയാലോ ഒരാളെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തുവരും ആത്മാവിൻ്റെ അവയവത്തിന് എന്തുവരും സംഭവിക്കും അവയം ഛേദിച്ച് പോയി കഴിഞ്ഞാൽ എന്തോരം പിന്നെ അത് ചൈതന്യം നഷ്ടപ്പെട്ടു സമുദായത്തി ചൈതന്യ സമുദായത്തിലാണ് ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിനെ ഏകസ്മിൻ ഒരവയവം ഛേദിച്ചു കഴിഞ്ഞാൽ അവയവർക്കനായിട്ട് ചിതാത്മാവിന്റെ അവയവങ്ങൾക്കും സംഭവിക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ ചൈതന്യം കാണത്തില്ല ബഹുന അവയവാനം അവനാഭാവനിയമവും പറയുന്നു മാത്ര ബഹുന അവയവാനാം അനേക അവയവങ്ങളുള്ള ഒരു വസ്തുവരുത് അവിനാഭാവ നിയമം എന്ന എല്ലാം പരസ്പരം ഒരേപോലെ എപ്പോഴും ഇരിക്കുക അത് കാണുന്നില്ല അനേക അവയവങ്ങളുള്ള ഒരു വസ്തുവരുത് അതിൻ്റെ അവയവങ്ങളെല്ലാം എല്ലാ കാലത്തും പരസ്പരം സഹകരിച്ച് ഇരിക്കുക യവും വിശീർണ അപ്പോൾ എന്തുവരും ഒരവയവം പോയിക്കഴിഞ്ഞാൽ തത് അഭാവേ അവയവം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തോരം പിന്നെ ചൈതന്യം ഉണ്ടാകത്തില്ല അവയവി ചൈതന്യം ഉണ്ടാകത്തില്ല അങ്ങനെയാണ് അനേക അവയവങ്ങളുള്ള ഒന്നും എപ്പോഴും അവയവങ്ങളോട് കൂടിയിരിക്കത്തില്ല എപ്പോഴെങ്കിലും നഷ്ടപ്പെടും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തോരം അവയവി നഷ്ടപ്പെട്ടു അപ്പോൾ അവയവിയിൽ ചൈതന്യമില്ലാതെ വരും അവയോം നഷ്ടപ്പെട്ടു അവയവേയും നഷ്ടപ്പെടും അതുകൊണ്ട് എന്താണ് ആണു ആണ് അതിൻ്റെ സൈസെന്ന് പറഞ്ഞാൽ ശരീരമാണ് അതിൻ്റെ സൈസെന്ന് പറഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല പിന്നെ വിജ്ഞാനാനമ്പലത്വ്യഹം പ്രത്യേകിച്ച് ഭ്രാന്തൃത്വം തടവസ്ഥം അഹം എന്നു പറഞ്ഞ അനുഭവത്തിൻ്റെ വിഷയം അല്ലെങ്കിൽ അതിൻ്റെ ആശ്രയം എന്ന് പറയുന്നത് വിജ്ഞാനമാണ് ചൈക്ഷണിക വിജ്ഞാനമാണ് ബൗദ്ധന്മാർ എന്ന് പറയുന്നത് ക്ഷണിക വിജ്ഞാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ഭ്രാന്തമാണ് കാരണം ഇവിടെ ഏകത്വ ബുദ്ധിയുണ്ട് അഹം വേറെ പറഞ്ഞല്ലോ കുട്ടിക്കാലത്ത് ഞാൻ തന്നെയാണ് പ്രായമായ ഞാൻ ഏകത്വ ബുദ്ധിയുണ്ട് അപ്പം ഇത് ഭ്രാന്തിയാണെന്ന് പറയുന്നത് ക്ഷണികമായ വിജ്ഞാനമാണ് അഹം പ്രത്യത്തിന്റെ ആശ്രയം അതാണ് ആത്മാവെന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തിയാണെന്ന് പറയുന്നത് തസ്യ സ്ഥിര വസ്തു നിർഭാസത്വ അസ്ഥിരത്വ വിജ്ഞാനാണ് എന്ന് കൊണ്ട് എപ്പോഴും അഹമെന്ന് പറയുന്നത് സ്ഥിരമായ ഒരു വസ്തുവിനെ കാണിക്കുക വിജ്ഞാനത്തെ കുറിച്ച് എന്താ പറയുന്നത് ബോധന്മാർ അത് ക്ഷണികമാണ് ക്ഷണം പ്രതി നശിച്ചുണ്ടാവും സ്ഥൂലോഹം അന്തോഹം ഗച്ഛാമിത്യാദിയും അധ്യാസദയാ വ്യാഖ്യാതുകൊണ്ടെന്താണ് ഞാൻ സ്ഥൂലമാണ് ഞാൻ സ്ഥൂലനാണോ ഞാൻ അന്ധനാണ് ഞാൻ നടക്കുന്നു ഇതിനെങ്ങനെ മനസ്സിലാക്കണം അധ്യാസമായിട്ട് ആത്മാവും അനാത്മാവും തമ്മിലുള്ള താതാത്മ്യം കൊണ്ടിങ്ങനെ അനുഭവം ഉണ്ടായതാണ് അപ്പോൾ ഇവിടെ അധ്യാസം സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കുന്നു അല്ലാതാരും തന്നെ ആത്മാവിനെയും അനാത്മാവിനെയും ബേർതിരിച്ചറിയുന്നില്ല ും ഉത്തക്രമേണ അഹം പ്രത്യേ പൂതി ഊഷ്മാണ്ടീകൃതേ അതുകൊണ്ട് എന്താണ് ഇതുവരെ പറഞ്ഞ രീതിയിൽ എന്താണ് അഹം എന്ന് പറയുന്ന ഈ പറഞ്ഞ രീതിയിലൊക്കെയാണെങ്കിൽ എന്തോരം ഈ അഹം പ്രത്യയം എന്ന് പറയുന്നത് എന്താണ് ദുർഗന്ധം വഹിക്കുന്ന വമിക്കുന്ന ഊഷ്മാണ്ടം പോലെയാണ് അഴിക ഊഷ്മാണ്ടം പോലെയാണ് വിടെ ആത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അഹം പ്രത്യയത്തിന്റെ ആശ്രയത്തെ എങ്ങനെ സ്വീകരിച്ചാലും അതെല്ലാം ദോഷമുള്ളതായിത്തീരുന്നു അഹം പ്രത്യയത്തിന്റെ ആശ്രയമായി നിത്യമായ ആത്മാവിനെ സ്വീകരിക്കാതെ മറ്റെന്തൊക്കെ സ്വീകരിച്ചാൽ അതെല്ലാം അതെല്ലാം നിലനിൽക്കാത്തതാണ് അങ്ങനെ ഒരു ആത്മാവിനെ ശ്രദ്ധിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ അഹം പ്രത്യേകത്തിൻ്റെ ആശ്രയമായി നിത്യമായ ആത്മാവിനെ തന്നെ സ്വീകരിക്കണം അണുകോ മദ്യമോന്നോ എന്തു പറഞ്ഞാലും അതൊന്നും ശരിയാകത്തില്ല എന്നർത്ഥം അത് എന്താണ് പൂതി പൂഷ്മാണ്ടി എന്ന് പറഞ്ഞു പൂഷ്മാണ്ടം എന്ന് പറയുന്നത് കുമ്പളങ്ങ അത് ി നാടുന്നതുപോലെ ഈ വിഷയം എന്ന് പറയുന്നത് വിഷയമായി മാറുന്നു അതുകൊണ്ട് എന്തെയ്യുന്നു ഭഗവതീ ശ്രുതി ശ്രുതി ഭഗവതീ ശ്രുതി അപ്രത്യൂഹം യാതൊരു തടസ്സവും കൂടാതെ കർത്തൃത്വഭോക്തൃത്വ സുഖ ദുഃഖ ശോകാദ്യാത്മത്വം അഹം അനുഭവപ്രസഞ്ചിതം ആത്മനോ നിഷേധം അർഹത രുന്നു കർത്തത്വം ഭോക്തൃത്വം സുഖം ദുഃഖം ശോകാദി ശോകാദ്യം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അനുഭവം ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് ഇതെല്ലാം അഹമനുഭവപ്രസഞ്ജിതം അനഹം അഹം അനുഭവത്തിലൂടെ തല്ലിൽ ആരോപിക്കപ്പെടുന്ന ഇത് ഭഗവതിയെന്തെയ്യുന്നു ആത്മനോ ഇതെല്ലാം ആത്മാവൻ നിഷേധമർഹതി അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അഹം ശ്രുതി അഹംദക്തി തുടങ്ങിയ എല്ലാ അനുഭവങ്ങളെയും ശ്രുതി നിഷേധിക്കുകയാണ് എന്നുവെച്ചാൽ അഹം അനുഭവത്തിന്റെ ആശ്രയമായിരിക്കുന്നത് അണുമല്ല മധ്യമല്ല അങ്ങനെ ഒന്നുമല്ല കർത്താവല്ല ഭോക്താവല്ല ശ്രുതി എന്താണ് പറയുന്നത് നിത്യശുദ്ധബുദ്ധമാണ് ബാക്കിയെല്ലാം ഇവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അന്ഥം തഥൈവം സർവപ്രഭാതി ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണ പ്രതിഥ അഹം പ്രത്യസ്യ സ്വരൂപനിമിത്ത ഫലവ്യാഖ്യാനം അതുകൊണ്ട് ഇപ്രകാരം സർവപ്രവാദി എല്ലാ വാദികളും അംഗീകരിക്കുന്ന ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണ ശ്രുതി സ്മൃതി ഇതിഹാസം പുരാണങ്ങളെല്ലാം പ്രതിദം പ്രസിദ്ധമായ മിഥ്യഭാവസ് അഹം പ്രത്യേകി അഹംപ്രത്യവും മിഥ്യയായ ഈ അഹം പ്രത്യവും അപ്പം എന്താണ് പറയുന്നത് ഈ അഹംപ്രത്യം മിഥ്യാണ് മിഥ്യെന്ന് പറഞ്ഞാൽ അഹംബോധം അഹംബോധം അധ്യാസമാണ് എന്ന് പറഞ്ഞാൽ ഇത് സർവശി സ്മൃതി ഇതിഹാസ പുരാണങ്ങൾ എല്ലാത്തിനും പറയുന്നുണ്ട് അപ്പം ഈ അധ്യാസത്തിൻ്റെ സ്വരൂപം നിമിത്തം ഫലം ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയുന്നത് എൻ്റെ സ്വരൂപം എന്ന് പറയുന്നതാണ് അന്യോന്യ താതാഗ്യം നിമിത്തം എന്ന് പറയുന്നത് എന്താണ് ഇതരേതര വിവേകം എന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ് ലോകവ്യവഹാരം ഇത് ഈ മൂന്ന് കാര്യങ്ങളും ഇതിനെല്ലാം വ്യാഖ്യാനം അടുത്ത് വിസ്തൃതമായി വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നുവെച്ചാ ഇതുവരെ പറഞ്ഞ പൂർവക്ഷം അധ്യാസത്തിന്റെ പൂർവോക്ഷം പൂർവക്ഷം എന്താ പറയുന്നത് അധ്യാസം എന്ന് പറയുന്ന ഒന്നില്ല ആത്മാവും അനാത്മാവും വേറെയാണോ ഇതെല്ലാവർക്കും അറിയാം അഹം പ്രത്യേകത്തിലൂടെ അറിയുന്ന ആത്മാവിനെയാണോ ഹിതം എന്നറിയുന്ന ശരീരാദികളെയാണോ രണ്ടും രണ്ടാണ് അതുകൊണ്ട് ഇതാണ് ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഒരു താതാന്യം അല്ലെങ്കിൽ അധ്യാസവും അങ്ങനെ ഒന്നില്ല എന്നാണ് കുറവ് പറയുന്നത് അപ്പോൾ സാധാരണ അഭ്യാസത്തിൻ്റെ രീതിയിൽ ആദ്യം അധ്യാസം ഇല്ല എന്നുള്ള കാര്യം പറയും ഇനി അടുത്തെന്താ പറയുന്നു അധ്യാസം ഉണ്ട് ഈ അഹ് പറയുന്ന ഈ അനുഭവം എന്താണ് ഇവിടെ പറഞ്ഞത് പോലെ ആരോപിതമാണ് ദുർഭ്രാന്തിയാണ് അധ്യാസം മിഥ്യയാണ് സ്വരൂപം ആത്മാനാത്മാക്കളുടെ താതാത്മ്യമാണ് അതിന്റെ നിമിത്തം ഇതരേതര അവിവേകമാണ് ഫലം ആണ് ഈ വ്യവഹാരം എന്ന സിദ്ധാന്തമാണ് ഇനി പറയാൻ പോകും പൂർവക്ഷ പറയുന്ന അധ്യാസം ഇല്ല ആത്മാവും അനാത്മാവും വെവ്വേറെയാണ് എല്ലാവർക്കും അറിയാം സിദ്ധാന്തം വരുന്ന എങ്ങനെയല്ല ആത്മാവും അനാത്മാവും തമ്മിൽ അന്യോന്യ ഭാവം വന്നിട്ട് നമ്മൾ അനുഭവിക്കുന്ന അഹം എന്നനുഭവിക്കുന്നത് ഭ്രാന്തിയാണ് അപ്പൊ അതെങ്ങനെ ഭ്രാന്തിയാകുന്നു എന്നുള്ളതാണ് അടുത്ത വിശദിലിരിക്കുന്നത് മനസ്സിലായോ എന്താണ് അധ്യാരകം എന്നുള്ള വാക്ക ഞാൻ പറഞ്ഞു ഞാൻ എന്തുവാക്ക വരുന്നത് പിന്നെ കൂടുതലും പറഞ്ഞു പോകാം അധ്യാസം അദ്ധ്യാനം എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല ഞാൻ പറഞ്ഞ അധ്യാസം ഒന്നാണ് ഈ അഹം അനുഭവം എന്ന് പറയുന്നത് ആത്മാവും അനാത്മാവും കൂടിയുള്ള താതാമ്യം കൊണ്ട് ഒരു അനുഭവമാണ് അതിനാണ് അധ്യാസം പറയുന്നത് അതിനാണ് ഭ്രാന്തി തന്നെയാണ് മിഥ്യാജ്ഞാന ഇതിപ്പോ സംഭവിച്ചിരിക്കുകയാണ് എന്നാണ് എന്നുവെച്ചാൽ സത്യമായ ആത്മാവും മിഥ്യയായ ശരീരാദികളും തമ്മിൽ ഇങ്ങനെ ഒന്നായിരിക്കുന്നു ഒന്നായി അനുഭവപ്പെടുന്നതാണ് അഹംഭർത്തി അഹംഭോത്വം ഇതെങ്ങനെ ഒന്നായി ഇത് അനാദിയായി ഇതാണ് ഗുരുന്ന് പറയുന്നത് അനാദികാലമായിട്ട് എന്ത് ചെയ്യുന്നു നന്നായിരിക്കുന്നു അറിവിൽ അനാദിയതായി നടന്നെടുന്തൻ തിരുവിളയാടൻ എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു ഇതാണ് അനാദി മായയാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഇതാണ് ും കാര്യങ്ങളൊക്കെ നയനായിട്ട് നയനെ കേട്ടില്ല പുഷ്പോളിഞ്ഞു സമയമല്ലേ അത് വേറൊരു കാര്യം പറയും വേറൊരു വിഷയം പറയും മാറുന്ന ഒരു വസ്തുവായി പറയുന്നു ശരീരത്തെ അത് പറയുന്ന അഹംബോധത്തെ പറയുന്നു രണ്ടു രണ്ടും സന്ദർഭത്തിൽ പറയുന്നുണ്ട് സിദ്ധാന് തൂന്നൂനൂന അവികേന അത്യന്തോയോർമ്മിഥ്യമുക്ത സത്യാൻകൃത്യഹി മമേദമതി നൈസർഗികോയം ലോകവ്യവഹാര അടുത്ത് പറയും അന്യോന്യസ്മിൻ ഇത്യാദി അത്രയോന്യസ് ധർമ്മി ആത്മശരീരാദന്യാ അന്യോന്യസ്മിൻ എന്നു വെച്ച രണ്ട് ധർമ്മികൾ എന്താണ് ആത്മശരീരാദവും ആത്മാവ് ശരീരവും അതാണ് അന്യൂന്യസ്മിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ധർമ്മികളെ കുറിച്ച് പറയണം അന്യോന്യാത്മകതാം അധ്യസ്യ അന്യോന്യാത്മകത എന്ന് വെച്ചാൽ താതാന്യം ആ താതാമ്യത്തെ അദ്ധ്യസ ആരോപിച്ചിട്ട് എന്ന് പറയുന്നു അപ്പൊ അതങ്ങനെ അന്വയിക്കണമെന്ന് നടത്തും അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അദ്ധ്യസ്യ എവിടെ കൊണ്ടുപോകണം അഹമിതം അവിടെ ശരീരാദി ഇതി ലോകവ്യവഹാരങ്ങനെ അധ്യസ്യ വ്യവഹാരാണ് അധ്യസിച്ചിട്ട് വ്യവഹാരം ഇതം ഇതിച്ച വസ്തുതോന് അപ്രതീത്ഥത അഹമിതം ശരീരത്തേണ് പറയുന്നത് അഹമിതം അഹമിതം എന്നായിരുന്നു സാറിന് പ്രയോഗിക്കാറില്ല ശരീരത്തെക്കുറിച്ച് അഹമിതം ഞാൻ ഇത് അങ്ങനെ പ്രയോഗിക്കാറില്ല മറിച്ച് ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണോ എന്റേത് തന്നെ പ്രയോഗിക്കാറുള്ളു അല്ല ഞാൻ ഇത് എന്ന് പ്രയോഗിക്കാറുള്ള ശരീരത്തെ ആര് ഇതെന്ന് പറയാറ് ചില മുറി വേദാന്തികളൊക്കെ ഇങ്ങനെ കൃത്രിമമായ ഭാഷ ഉപയോഗിച്ച് പറയും ഇത് എന്നിങ്ങനെയൊക്കെ പറയും സാണകതി അത് ഇത് എന്ന് പറയേണ്ട കാര്യമില്ല ശരീരം എന്റേതെന്ന് തന്നെ പറയുന്നു പറയുന്നത് ഇതമിരിച്ച വസ്തുത പറയുന്നത് എന്താണ് ഇനി ഏതെങ്കിലും തത്വത്തെ അറിയുന്നതാണ് പറയണമെങ്കിൽ അതെന്റെ വാസ്തവത്തെ ഞാൻ ആത്മാവിൽ നിന്ന് ഭിന്നമാണ് ശരീരം എന്ന് കാണിക്കാൻ വേണ്ടി ഇതോന്ന് പറയുന്നതാണ് ന പ്രതീക അനുഭവത്തിൽ ശരീരം ഇത് അനുഭവിക്കുന്നത് മറിച്ച് ശരീരത്തെ എന്റേതെന്നാണ് അനുഭവിക്കുന്നത് ലോകവ്യവഹാരമാണ് അർത്ഥം പറയുന്നത് ലോകാനാം വ്യവഹാര സച്ച അയമഹിതി വ്യവദേശം ഇങ്ങനെയാണ് ലോകവ്യവഹാരം ഇവിടെ വ്യവഹാരം എന്ന് ശബ്ദപ്രയോഗം നടക്കണം ഇങ്ങനെയുള്ള ശബ്ദപ്രയോഗം അയമഹം ഈ ഞാൻ ഇങ്ങനെയുള്ള ശബ്ദപ്രയോഗം അവിടെ അഹമിതം മമേതം ഇതി നൈസർഗികവും ലോകവ്യവഹാരം എന്നാണ് ഭാഷ്യത്തിൽ അവിടെ ഇതി ശബ്ദം പറഞ്ഞു ഇതി ശബ്ദ സൂചിത ശ ശരീരാദ്യ അനുകൂലം ഉപാദാന പരിവർജനാദി ഇതി ശബ്ദം കൊണ്ട് വ്യവഹാരത്തെ സൂചിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരാദികൾക്ക് അനുകൂലവും പ്രതികൂലവുമായ പ്രമേയങ്ങളെ വിഷയങ്ങളെ പ്രമാണേന പ്രമായ പ്രമാണം കൊണ്ട് ഗ്രഹിച്ചിട്ട് ഉപാദാനപരിവർജനം അതിനെ സ്വീകരിക്കുക കളയുക ഇതൊക്കെയാണ് വ്യവഹാരം കൊള്ളുക തള്ളുക ഇതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്നുള്ളതിനാണ് ബാക്കിയെല്ലാം പറഞ്ഞത് അനുകൂലമായതിനാൽ കൊള്ളുന്നു പ്രതികൂലമായതിന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എന്താണ് പ്രമാണമാണ് അവരുടെ അറിവുണ്ടാകുന്നു ഇതെല്ലാം ഈ വ്യവഹാരത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇതി ശബ്ദം പ്രയോഗിച്ചത് അപ്പോൾ വ്യവഹാരമെന്ന് ശബ്ദപ്രയോഗം വിധിയെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുടെ എല്ലാ പ്രവർത്തികളും അപ്പൊ ഈ വ്യവഹാരം എന്തുകൊണ്ട് സംഭവിക്കുന്നു അധ്യസ്സി വ്യവഹാരാന്ന് പറയുന്നത് പിന്നെ അന്യോന്യസ്മിൻ രണ്ട് ധർമ്മികൾ പിന്നെ അന്യോന്യധർമാംസ്ഥ അന്യോന്യാത്മകഥ അന്യോന്യധർമാംസ്ഥ അത് വ്യാഖ്യാനിക്കുന്നു അന്യോന്യധർമാംസ്ഥ അന്യോന്യസ്മിൻ ധർമ്മിണി രണ്ട് ധർമ്മികൾ ആത്മാവും ശരീരവും അതാണ് ധർമ്മിണി അന്യോന്യസ്മിൻ ധർമ്മിണി ദേഹാദിധർമാൻ ജന്മ മരണ ജരാ വ്യാധ്യാദി എന്ന ആത്മനെ ഒരു ധർമ്മയായിട്ട് ദേഹത്തെടുക്കുക ദേഹധർമ്മങ്ങൾ എന്തൊക്കെയാണ് ജന്മം മരണം ജരാ വ്യാധി ഇങ്ങനെയെല്ലാം എന്ത് ചെയ്യുന്നു ആത്മനിധർമ്മി ആത്മാവാകുന്ന ധർമ്മത്തിൽ ഭാവിയും ദേഹാദികൾ അധ്യസിച്ചതായ ആത്മാവ് ആദ്യ ആത്മാവിൽ ദേഹാദികളെ അധ്യസിക്കുന്നു പിന്നെ ദേഹധർമ്മത്തെ അധ്യസിക്കുന്നു സമാരോപ്യ തഥാ ചൈതന്യാദീൻ ആത്മധർമ്മ അതുപോലെ തിരിച്ച് ആത്മധർമ്മങ്ങളെ ദേഹാദു അധ്യസ്ഥാത്മഭാവിയെ ദേഹാദികൾ എങ്ങനെയുള്ള ദേഹം ആത്മാവിനെ അധ്യസിച്ച ദേഹത്ത് അപ്പൊ പരസ്പരം ധർമ്മികളെ അധ്യസിച്ചിട്ട് ആ ധർമ്മികളിലിരിക്കുന്ന ധർമ്മങ്ങളെയും പരസ്പരം അധ്യസിക്കുന്നു അതാണ് ദേഹാദി ധർമ്മൻ ദേഹാദു അധ്യസ്ഥാത്മഭാവിയെ സമാരോപി എന്നിട്ടെന്ന് പറയുന്നു മമയുദ്ധം ആത്മാവിനെയും ശരീരത്തെയും അധ്യസിക്കുന്നു എന്നിട്ട് ശരീരധർമ്മത്തെ ആത്മാവിലും ആത്മധർമ്മത്തെ ശരീരത്തിലും അധ്യസിക്കും ശരീരധർമ്മം എന്ന് പറയുന്നത് ജന്മമരണമാണ് ആത്മധർമ്മവും പറയുന്ന ചൈതന്യം ഇവയെ പരസ്പരം അധ്യസിക്കും എന്നിട്ട് പിന്നെ വ്യവഹാരം സമാരോപിയ മമഇദം ജരാമരണം പുത്ര പശു സ്വമ്യാദീതി വ്യവഹാരവും അധ്യസ്റ്റു ശേഷം എന്ത് ചെയ്യുന്നു മമേതം ജരാ enda ജരാ എന്റെ മരണം എന്റെ പുത്രം എന്റെ പശു സൗമ്യാധി വ്യവഹാരം എന്നു വെച്ചാൽ എന്താണ് വ്യവദേശം എന്ന് വെച്ച് ശബ്ദപ്രയോഗം പിന്നെ ഭാഷയത്തിൽ വന്നു മമേതം ഇതി ശബ്ദ സൂചിത പ്രവൃത്തി ശബ്ദം കൊണ്ട് അതിനനുഗൂലമായ പ്രവൃത്തികളെ അത്ര കർത്തകൃത്വ്യവഹാരത്തി ഉപന്നം അത്രക്രിയാസം വ്യവഹാരം ഈ രണ്ടിലൂടെയും ഏതൊരു കർത്താവാണോ നമ്മുടെ ലഭിച്ചത് ഏതൊരു കർത്താവിനെയാണോ ലഭിച്ചത് പ്രകടമാക്കിയത് സ സമാന ബോധിപ്പിക്കപ്പെട്ടതായ കർത്താവ് തുല്യമാണ് അധ്യാസവും വ്യവഹാരവും ചെയ്യുന്ന ഒരാളേ ഇത് സമാന കർത്തൃത്വ അധ്യസ്യ വ്യവഹാര എന്ന് പറയുന്നു സമാന കർത്തൃഹ പൂർവ്വകാലേ എന്ന് പണിനി പറഞ്ഞ അനുസരിച്ച് വന്നു അതിലപ്പു എന്നാണ് അധ്യസ്യ അധ്യസ്യ വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം വ്യവഹാരവും ഒരിടത്താണ് സംഭവിക്കുന്നത് ഒരു വ്യക്തിയിലാണ് അതിനുവേണ്ടിട്ടാണ് അവിടെ ലബന്ധം ഉപയോഗിച്ചതെന്നർത്ഥം അദ്ദേശ വ്യവഹാരം കർത്ത ഏതൊരു കർത്തമാണോ ലഭിക്കുന്നത് സമാനമാണ് സമാന കർത്തൃകത്വേന അധ്യസ്യ വ്യവഹാരം അധ്യസ്യ വ്യവഹാരം എന്ന് പറയുന്നത് നിത്യം തന്നെയാണ് പൂർവ്വകാലത്തെ സൂചിതം അധ്യാസ്യ വ്യവഹാര കാരണത്തെ സൂചി അപ്പൊ അധ്യസ്യ സമാന കർത്തൃ പൂർവ്വകാലേ പൂർവ്വകാലത്തെ ത്വപ്രപ്തി എന്നതുകൊണ്ട് കാരണമാണ് അധ്യാസം എന്ന് ശ്രദ്ധിക്കുന്നു കാരണത്വസ് ആദ്യ അധ്യാസം പിന്നെ വ്യവഹാരം ആദ്യം ശരീരവും ആത്മാവ് തമ്മിലുള്ള താതാത്മ്യം പിന്നെ ശബ്ദപ്രയോഗവും പ്രവർത്തിക്കേണ്ട അതാണ് അന്യോന്യസ്മൻ അന്യോന്യാത്മകതം അന്യോന്യധർമാ അധ്യസ്യ പിന്നെ പറയുന്ന എന്താണ് മിഥ്യാജ്ഞാന നിമിത്തമോ ഒന്നുകൂടെ പറഞ്ഞു ഭാഷ്യത്തിൽ വ്യവഹാര അത് വ്യാഖ്യാനിക്കുന്നത് മിഥ്യാജ്ഞാനോ അധ്യാസം മിഥ്യാജാനം എന്ന് പറഞ്ഞാൽ അധ്യാസം നല്ല അപ്പോ എന്താണ് അധ്യസ്യ ഇതരേതരവിവേകേന വ്യവഹാര മിഥ്യ മദ്യസ്യ വ്യവഹാരം അധ്യാസത്തിൻ്റെ അടുത്താണ് മിഥ്യാജ്ഞാന നിമിത്ത എന്നുള്ളത് മിഥ്യാജ്ഞാന നിമിത്ത വ്യവഹാരം മിഥ്യാജ്ഞാന നിമിത്ത വ്യവഹാരം എന്ന് പറഞ്ഞാൽ അധ്യസ്യ എന്ന് പറഞ്ഞാൽ ഒന്നിയാണ് കൊണ്ട് വ്യവഹാരം അല്ലെങ്കിൽ മിഥ്യാജ്ഞാനം കൊണ്ട് വ്യവഹാരം കൊണ്ടു ഒന്നിയാണ് മിഥ്യാജ്ഞാനം അധ്യാസ തന്നിമിത്തദ്ഭാവ മിഥ്യാജ്ഞാനം എന്ന് പറയുന്നു അധ്യാസം എന്ന് പറയുന്നു ഒന്നുകൊണ്ടേ അതുകൊണ്ട് വ്യവഹാരം സംഭവിക്കുന്നു അപ്പം മിഥ്യാജ്ഞാനം ഉണ്ടോ വ്യവഹാരമുണ്ട് മിഥ്യാജ്ഞാനമില്ലേ വ്യവഹാരമില്ല മിഥ്യാജ്ഞാനെന്ന് വെച്ചാൽ ഭ്രാന്തി ഉണ്ടോ അവിടെ വ്യവഹാരമുണ്ട് ഭ്രാന്തി ഇല്ലേ വ്യവഹാരമില്ല സുഷ്തയിൽ ഭ്രാന്തി ഇല്ല വ്യവഹാരമില്ല ജാഗ്രതയില് ഭ്രാന്തിയുണ്ട് വ്യവഹാരമുണ്ട് അതാണ് മിഥ്യാജ്ഞാനം എന്ന് പറയുന്ന അധ്യാസമാണ് തന്നിമിത്ത അത് നിമിത്തമായിട്ടാണ് തദ്ഭാവ അതുള്ളതിൽ കൊണ്ട് ഭാവ അനിമിത്ത ന അതിനെ പിന്തുടരുകയാണ് വ്യവഹാരം ഏതിനെ അധ്യാസത്തെ ം ഉണ്ടാവണമെങ്കിൽ പൂർവ്വമുമ്പോൾ ഇത് വേണം അധ്യാസം അധ്യാസം ഉണ്ടെങ്കിൽ അധ്യാസം അതാണ് അനുവിധം മിഥ്യാജ്ഞാനം ഉണ്ടെങ്കിൽ വ്യവഹാരഭാവം മിഥ്യാജ്ഞാനം ഉണ്ടെങ്കിൽ വ്യവഹാരഭാവം തഥെയും അധ്യാസ സ്വരൂപം ഫലം ച വ്യവഹാരം ഇപ്പൊ ഇവിടെ എന്തൊക്കെ പറഞ്ഞു അധ്യാസത്തിന്റെ സ്വരൂപം പറഞ്ഞു താദാത്മ്യമാണ് ഭ്രാന്തിയാണ് സ്വരൂപം ഫലം ച വ്യവഹാരം എന്റെ ഫലം പറഞ്ഞു വ്യവഹാരമാണ് അധ്യാസത്തിന്റെ ഫലമാണ് നിമിത്തമാകാം ഇനി അതിന്റെ നിമിത്തത്തെ കുറിച്ച് പറയും എന്താണ് ഇതിന്റെ നിമിത്തം ഇതിനെതിരെ അഭിവേഖിക്കുന്ന ഇനി ഒന്നുകൂടെയുണ്ട് അധ്യാസം വ്യവഹാരം ഇനി ഒന്നുകൂടെയുണ്ട് എന്താണ് ഇതരേതര അവിവേകം അധ്യാസം വ്യവഹാരം പറഞ്ഞു അപ്പം വിവേകാഗ്രഹം അത് നിമിത്തമാണ് എന്തിനം അധ്യാസ തസ്യ നിമിത്തമാഹ എന്ന് പറഞ്ഞാൽ അധ്യാസത്തിന്റെ നിമിത്തം പറഞ്ഞു അപ്പൊ ഇനി മൂന്നാണ് ഇതിരേതിര അവിവേകം അധ്യാസം വ്യവഹാരം മൂന്നാണ് എന്തൊക്കെയാണ് ഇതിരേതിര അവിവേകം അത്യാസം വ്യവഹാരം ഈ മൂന്ന് കാര്യങ്ങൾ ഇതിരേത അവിവേക വിവേകാഗ്രഹം വിവേകം ഇവിടെ ഇതരേതരം വിവേക അഗ്രഹം പറഞ്ഞു അവിവേകം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ഇതരേതരവിവേകം തന്നെ പറഞ്ഞത് അപ്പൊ അവിയോഗം എന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു അതിനാൽ തഥാച്ച അധ്യാസ അവിവേകം എന്ന് പറഞ്ഞാൽ പിന്നെന്തോരം അധ്യാസത്തിൽ സംഭവിക്കത്തില്ല അധ്യാസം വേണം അതിന്റെ മുമ്പിൽ എന്തുവേണം ഇതിരേതര അവിവേകം വേണം എന്നുവെച്ചാൽ വിവേകാഗ്രഹം വേണം അല്ല അവിവേകല്ല അവിവേകത്തിന്റെ അർത്ഥവ്യത്യാസമുണ്ട് വിവേകാഗ്രഹമാണ് വേണ്ടത് എന്തുകൊണ്ട് ഇതരേതരവിവേകത്തെ വിവേകാഗ്രഹം എന്ന് വ്യാഖ്യാനിച്ചു അവിവേകമെന്ന് പറയാതെ വിവേകാഗ്രഹം എന്ന് എന്തുകൊണ്ട് പറഞ്ഞവരുണ്ട് നമ്മൾ വ്യത്യാസമാണ് പറയുന്നു